വിഗീതം ദേവദത്തമാണജ്ഞാനം നിഷ്ഠപ്രമാഭവാദാതെത്താധികം ഇതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് സംഗതി ക്ലിയർ ആയല്ലേ ആയോ എന്താ ഒരു സംശയം എന്താണ് ഒരു വേണ്ടണം എന്ന് അയോന്ന് ചോദിച്ചില്ലെന്ന് ചോദിച്ചാ ഇല്ല ഇത് വളരെ സിമ്പിളാണ് കാര്യം പക്ഷേ കേട്ടു മനസ്സിലാക്കേണ്ട അല്ല വിനെയോ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കേട്ടാ നോക്കുമൊന്നും സംഗതി ഓപ്പണായിട്ടങ്ങ് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമോ ഇത്രയേ ഉള്ളു ഇതാണോ ആനക്കാര്യം പക്ഷെ കേട്ട് മനസ്സിലാക്കേണ്ടല്ല ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തിരിഞ്ഞൊക്കെ പറയുന്നത് അല്ല നിങ്ങളൊന്നും നിർത്താറായില്ല വരുന്നേയുള്ളൂ ഇത് സുനാമിയാണ് ഇത് കഴിഞ്ഞ് എത്ര പേരും കൂടെ കാണുമെന്ന് എത്ര എണ്ണം കൂടെ വാഷ് ചെയ്ത് പോകുന്നുള്ളത് കണ്ടറിയണേ ഇപ്പൊ തന്നെ അറ്റൻഡൻസ് കുറഞ്ഞെന്നാ തോന്നുന്നത് അതായത് ഉപാധിയെ കുറിച്ച് ഇനി ഞാൻ മര്യാദക്ക് പറയാം നിങ്ങൾ ചിന്തിച്ചിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു അഭ്യാസം കാണിക്കാതെ മര്യാദയ്ക്ക് പറയുക ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കുക ദേവദത്വനിഷ്ഠ പ്രമാഭാവതിരിത അനയദേഹിയ നിവർത്തകം എന്ന് പറയുന്നതാണ് സാധ്യം അത് പ്രമയാണ് അതൊരു സംശയമുണ്ടല്ലോ ദേവദത്തനു ഇരിക്കുന്ന ആ പ്രമ ദേവദത്വ നിഷ്ഠപ്രമ എന്ന് പറയുന്നതിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഉപാധിയിൽ ഏതത് ശബ്ദം പ്രയോഗിച്ചത് ദേവദത്ത നിഷ്ഠൻ എന്നുവെച്ചാൽ ഏതത് സംവേദത്വമല്ല ഏതത് അസംവേദമാണ് ആ ദേവദത്തെ നിഷ്ഠ എന്ന് പറയുന്നത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഏതത് അസംവേദം എന്ന് പറഞ്ഞാൽ ദേവദത്ത നിഷ്ഠമല്ല ദേവദത്ത അന്യനിഷ്ഠം അപ്പൊ സാധ്യമെന്താണ് ദേവദത്വനിഷ്ഠ പ്രമാ അഭാവത്തിൽ നിന്ന് അതിരിക്തമായ അനാദിയായ ഏതോ ഒന്നിന്റെ നിവർത്തകം എന്നാണ് സാധ്യം അതെന്തു ആയിക്കൊള്ളട്ടെ കാരണം ഇവിടെ സാധ്യം പറയുമ്പോൾ എന്തിനെ നിവർത്തിപ്പിക്കുന്നു എന്ന് പറയുന്നില്ല അത് പ്രാഗഭാവമാണോ അജ്ഞാനമാണോ ഇനി പ്രാഗഭാവം ആയാൽ തന്നെ സുഖദുഃഖാദികളുടെ പ്രാഗഭാവമാണോ ജ്ഞാനത്തിന്റെ പ്രാഗഭാവമാണോ ഒന്നും പറയുന്നില്ല അപ്പോൾ ഇത് ഏത പ്രമാഭവാതിരിക്ത അനാദേ നിവർത്തകം എന്ന് പറയുന്ന പ്രമ എന്ന് പറയുന്നത് സാധ്യമാകുമ്പോൾ ഉപാധി ഉപാധി കൊടുക്കുന്നതാണ് ഉപാധി സംഭാവന ചെയ്യുന്ന ആളിന് അങ്ങനെ ഒരു സാധനത്തെ കണ്ടുപിടിക്കണം അത് അയാളുടെ ചോയ്സാണ് ഈ സാധ്യത്തിന്റെ വ്യാപകമായിരിക്കുന്നു അതിൽ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അതിനെ പറഞ്ഞു അത് പറയാൻ പറ്റില്ല ഇതിന്റെ വ്യാപകമായിരിക്കണം അപ്പോ ദേവതത്തെ നിഷ്ഠ പ്രമാഭാവതിരിക്ത വർത്തകമായ ഒന്ന് പറയുമ്പോ ഈ പക്ഷത്തിൽ ഈ സാധ്യത്തിന്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല കാരണം ഇപ്പൊ അനുമാനം നടക്കുകയാണ് അപ്പൊ പക്ഷത്തെ എടുത്തിട്ട് ഉപാധിയോട് സമന്വയിപ്പിക്കാൻ പറ്റിയില്ല പിന്നെ ഒരേ വഴിയുള്ള എന്താണ് എവിടെയാണോ ഇതുണ്ടെന്ന് ഉറപ്പുള്ളത് അവിടെ എടുക്കും അപ്പോ ദേവദത്ത ഒഴികെ ഉള്ളവരെല്ലാരും എടുക്കാം യജ്ഞദത്തൻ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നു അപ്പൊ യജ്ഞദത്തൻ എന്നുണ്ട് ദേവദത്ത നിഷ്ഠ പ്രമാഭാവ അതിരിത അനാഥെ എന്തോ അതുണ്ട് അതെന്താണെന്ന് പറയുന്നു നമുക്കതിനെ പ്രമേയായിട്ട് എടുക്കാം എന്നിട്ട് പറയുന്നു അതെവിടെ ഉണ്ടോ അവിടെ എല്ലാം എന്തുണ്ട് തത് ഏതസംവേദത്വം അപ്പൊ ഏതത് അസംവേദത്വം എന്ന് പറഞ്ഞാൽ നേരത്തെ ദേവദത്ത നിഷ്ഠപ്രമ ആ ദേവദത്ത നിഷ്ഠത്വത്തെ പ്രയോഗി ഇതിനു വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത് ഏത് ശബ്ദം പ്രയോഗിച്ചത് അതുകൊണ്ട് ഏത് അസംവേദം എന്ന് പറഞ്ഞാൽ ദേവദത്ത അസംവേദത്വം വന്നു ദേവദത്ത അസംവേദത്വം എന്ന് പറയുമ്പോൾ അത് ദേവദത്തനൊഴികുള്ള സർവത്രയുണ്ട് ത്തനിലിരിക്കുന്ന പ്രമാ ദേവദത്ത സംവേദം ബാക്കി സർവത്ര എന്തുണ്ട് ദേവദത്ത അസംവേദത്വം ഇനി നോക്കുക യജ്ഞദത്തുണ്ട് ദേവദത്വനിഷ്ഠ പ്രമാഭാവ അതിരിക്ത അനാദേവർത്തകം അവിടെ എന്തു വരുന്നു ഏതത് അസംയേത ദേവദത്ത അസംവേതത്വമാണ് ണ്ടാമത് പറഞ്ഞ് നോക്കുക എന്താണ് തധന്യ സംവേത ഈ രണ്ടും പറയുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യമൊന്നുമില്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതല്ല തർക്കശാസ്ത്രത്തിന്റെ ഉപരി ഗ്രന്ഥങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന അപ്പോ ദേവതത്തിന് ഒഴിവല്ല എല്ലായിടത്തും ഈ സാധ്യത്തിന്റെ കാര്യത്തിൽ ഉറപ്പുണ്ട് അതിന് യജ്ഞതത്വം എന്ന് പറഞ്ഞു ഇനി ഫലത്തിലൊന്നാണ് എന്നാലും അത് വ്യാഖ്യാനിക്കാൻ പോയാൽ ചെറിയ വ്യത്യാസമുണ്ട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞു ദൈവതത്ത നിഷ്ഠ അതിനെ കാണിക്കാൻ വേണ്ടി എന്തു പറഞ്ഞു ഏതത്വ ഇവിടെ ആ ദേവദത്വനിഷ്ഠയെ കാണിക്കാൻ വേണ്ടി തത്ത് പറഞ്ഞു ഇപ്പൊ തത് ദേവദത്തിനായി തത് അന്യ ദേവദത്ത് ഏ അങ്ങനെ അല്ല ഇവിടെ ഇപ്പൊ രണ്ടാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഏതത് അന്യ സംവേതെന്ന് പറഞ്ഞാലും രണ്ടു ഒന്ന് തന്നെ കുറിച്ച് പറയുകയാണ് ഇപ്പോൾ ഏതത് അന്യം തത് എന്ന് പറഞ്ഞാലും അത് തന്നെ ദേവദത്തിനുള്ള അന്യമായിരിക്കണം അത്രയേ അന്യ എന്നുവെച്ചാൽ പക്ഷത്തിൽ ഏതൊരു ആളിൻ്റെ ജ്ഞാനത്തെയാണോ എടുത്തത് ആ വ്യക്തിയെടുക്കണം ജ്ഞാനം എന്നിഷ്ടമാണോ തതിനെ എടുക്കണം ജ്ഞാനം ദേവതത്വനിഷ്ഠമായതുകൊണ്ട് തതായി ആര് ദേവത അതിനെ ഏതത് എന്ന് പറഞ്ഞു പക്ഷമായതുകൊണ്ട് അന്യനായ യജ്ഞതത്തിൻ്റെ ബാഗ്യസർവും എവിടേക്ക് ഇത്തരത്തിലുള്ള പ്രമേയുണ്ടോ അതല്ല ഇപ്പൊ തത് അസംവേദമായി എന്തോ അത് അത് സംവേതം എന്താണെന്ന് ഇവിടെ പറയുന്നില്ല ജ്ഞാനമാകാം ഇച്ഛയായ എന്തുവാകാം ഇപ്പൊ തതന്യസംവേതത്വം എന്ന് വന്നു സാധ്യം വന്നു ഒരു കുഴപ്പം എന്താണ് കുഴപ്പം അതിനി പറയാൻ പോവുകയാണ് ഇത്ര ശരിയായെങ്കിലേ അത് പറയത്തുള്ളു സാധ്യവ്യാപകത്വം ശരിയാണ് എത്രയെത്ര സാധ്യം തത്രയത്ര ഏത് സംവേദത്വം അഥവാ ഏതത് അന്യ സംവേദത്വം അത് ഈ ത്വല്ലിൽ ഏതത് അന്യ സമവേദത്വം ഏതത് അസംവേദത്വം അല്ലെങ്കിൽ ഏതത് അന്യസംവേദത്വം വന്നു അവിടെ പക്ഷത്തിന്റെ ഭാഗമായിരിക്കുന്ന ആര് ദേവദത്തൻ ദേവദത്തനൊഴികെ സർവത്ര എവിടെയെല്ലാം സമവേദമായി എന്തെങ്കിലും ഇരിക്കുമോ അവിടെയെല്ലാം ഇത് രണ്ടും വന്നു അപ്പൊ അവിടെ ഒരു ചോദ്യം വരും ഏത് ശബ്ദം കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ദേവതത്തിന് എടുത്ത് എന്തുകൊണ്ട് യജ്ഞതത്തിന് എടുത്തില്ല എന്ന് ചോദിച്ചാൽ എന്താ സമാധാനം അതേന്ന് അത് ഞങ്ങളുടെ സൗകര്യമാണ് ഞങ്ങളെന്താഗ്രഹിക്കുന്നത് ദോഷം തരാനാണ് ഉപാധി ഞങ്ങളുടെ സംഭാവനയാണ് എങ്ങനെ ദോഷം പറയാൻ പറ്റും അതനുസരിച്ച് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പറയുന്നു ഏതത് ശബ്ദം കൊണ്ട് ദേവതത്തിനെ എടുത്തു കഴിഞ്ഞാൽ ദോഷം വരും ഞങ്ങൾ പറയുന്ന ഞങ്ങൾ ഈ ദോഷം തരുമ്പോ അതിലെ വ്യാപ്തി മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അല്ല രണ്ടായാലും ഏതത് അസമവേതം എന്ന് പറയുന്നിടത്തും ഏതത് അന്യം അന്യസ്വേദം എന്ന് പറയുന്നിടത്തും ഏത് ശബ്ദം കൊണ്ട് ഞങ്ങൾ എടുക്കുന്ന ഏതിനെ എന്തുകൊണ്ട് യജ്ഞത്തിന് എടുത്തുകൂടാ കാരണം ഞങ്ങളുടെ എന്താണ് ഞങ്ങൾ ദോഷൈക ദൃക്കുകളാണ് ദോഷം തരുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി അപ്പൊ ദോഷം വരണമെങ്കിൽ വ്യാപ്തി ശരിയാവണം വ്യാപ്തി ശരിയാവണമെങ്കിൽ എന്ത് പറയും ഇത് തന്നെ എടുക്കും അപ്പോ ശരിയായി ഈ സാധ്യവ്യാപകത്വം വന്ന് ഉപാധികൾ ഇനി സാധന വ്യാപകത്വം വരണം സാധനം എന്ന് പറയുന്നത് സിമ്പിളാണ് എന്താണ് പ്രമാത്വം വളരെ സിമ്പിളാണ് എത്രയെത്ര പ്രമാത്വം ഇനി നോക്കുക ഏത് അസംവേദത്വം ഏത് അന്യസമേതത്വം ഉണ്ടോ എന്ന് അത് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് എത്രയെത്ര പ്രമാത്വം എന്ന് പറയുമ്പോൾ പെരമ രണ്ടടുത്തുമുണ്ട് പക്ഷത്തിലുമുണ്ട് ദൃഷ്ടാന്തത്തിലുമുണ്ട് പ്രമാത്വം എന്നുവെച്ചാൽ രണ്ടാടത്ത് പരമേ ഉള്ളത് കൊണ്ട് രണ്ടിടത്തും പ്രമാത്വമുണ്ട് എന്നാൽ ഏത് അസമേതത്വം എന്ന് പറയുന്നത് ഒരിടത്തേ ഉള്ളൂ എവിടെ എവിടെ യജ്ഞതല്ലാണല്ലോ നേരത്തെ അത് വന്നത് കാരണം യജ്ഞതത്തലിരിക്കുന്ന സാധനം എന്തോ അതാണ് ഏത് അസംവേദം അപ്പോ എത്രയെത്ര പ്രമാവം കേവലം യജ്ഞതത്തിന് മാത്രം എടുക്കുന്നു എത്രയെത്ര പ്രമാത്വം തത്രയത്ര ഏതദ് അസംവേദത്വം അല്ലെങ്കിൽ ഏതത് അന്യസംവേദത്വം നേരത്തെ വന്നാണ് വരാമെന്ന് പറയാം പക്ഷേ പറയാൻ പറ്റില്ല എന്തുകൊണ്ട് പ്രമാത്വം ദേവദത്ത പ്രമേലുമുണ്ട് പ്രമാത്വം നേരിട്ട് ദേവദത്തനിലിരിക്കത്തില്ല ദേവദത്ത പ്രമേയിലും ഉണ്ടെന്ത് പ്രമാത്വം അവിടെ ആ പ്രമ ഏതത് അസംവേദമല്ല ഏതത് അന്യ സംവേദമല്ല അത് ഏത് സംവേദമാണ് അപ്പൊ നമുക്ക് വ്യാപ്തി പറയണമെങ്കിൽ എത്രയെത്ര പ്രമാത്വം അത്ര എത്ര അല്ല പ്രമാത്വം വിടുക എത്ര എത്ര പ്രമാ അതെടുത്താൽ മതി ഇപ്പൊ കുറച്ചുകൂടെ വ്യക്തമാണ് എത്ര എത്ര പ്രമാത്ര ഏത് അസംവേദം ഏത് അന്യസമവേദം എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ സാധനം സമവേദം രണ്ടടുത്തും ഉണ്ട് പക്ഷത്തിലും ഉണ്ട് പക്ഷത്തിൽ ഏത് അസംവേദം അല്ലെങ്കിൽ ഏത് അന്യസംവേദം വരുന്നില്ല ദൃഷ്ടാന്തത്തിലേ വരുന്നുള്ളൂ അപ്പൊ വ്യാപ്തിയില്ല വ്യാപ്തിയില്ലെങ്കിൽ സാധന അവ്യാപകത്വം വന്നു ഇപ്പൊ സാധ്യവ്യാപകത്വവും വന്നു സാധന അവ്യാപകത്വവും വളരെ വ്യക്തമായി വന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഇപ്പൊ പറയണം എന്താ എനിക്കുണ്ട് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം സദ്യത്തെ എടുത്തു ഉം അങ്ങനെയാണെങ്കി അത് ആദ്യം ചിന്തിച്ചോടി ഇത്രയും കാത്തിരുന്ന എന്തിനാ ആദ്യം എന്തുകൊണ്ട് ഏത ശബ്ദം കൊണ്ട് ദേവത്തനെടുത്തു എന്നുള്ളതിന് സമാനം പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അതാദ്യം പറഞ്ഞോ ഏതത്വം എടുത്തുകൊണ്ട് ആദ്യം ഏതേവദത്തൻ ഏത് സംവേദം എന്ന് തന്നെ രണ്ടാമത് പ്രമ എന്ന് പറയുന്ന രണ്ടടത്തുമുണ്ട് പിന്നെ നോക്കേണ്ടത് ഏതത്വം സംവേദമാണോ അസംവേദമാണോ എന്നുള്ളതാണ് അല്ലേ അപ്പൊ പ്രമാന്ന് പറയുന്നത് സംവേദവുമാണ് ഏതത് അസംവേദവുമാണ് ശരിയാണോ പ്രമാന്ന് പറയുന്നത് ഏത് സംവേദവുമാണ് ഏത് അസംവേദവുമാണ് ഏത് സംവേദവും അസംവേദവും വരുന്നുണ്ട് പ്രമാ വ്യാപകമല്ല ഏതസംേതം എന്നുവച്ചാൽ അവ്യാപകത്വം വന്നു ഇതാണ് വരേണ്ടത് അതിനെന്താ ഏതത്തെന്താപരാധം ചെയ്തു ഏതത്തിനെന്താ തരാറ് ആദ്യ ഇവിടുത്തെ ഏതത് തന്നെ ഇപ്പോഴും പറയുന്നു പ്രമ ഏതത് സംവേദമാണോ അസംവേതമാണോ അതാ ചിന്തിക്കുന്നു ആദ്യം ഏത് ശബ്ദം കൊണ്ടാരെ എടുത്തു ദേവതത്തിന് രണ്ടാമതും അതേ ദേവതത്തിന് തന്നെ എടുക്കുന്നു ഏത് പിന്നെ നോക്കേണ്ടത് എന്താണ് പ്രമ സംവേദമാണ് അസംവേദമാണോ രണ്ടാമത് വന്നപ്പോൾ എന്ത് ചെയ്തു പ്രമ സംവേദമാണ് അസംവേദമാണ് അപ്പൊ ഹേതു എന്താണ് പ്രമ ഹേതു പ്രമേ എപ്പം വിടുക അത് വ്യക്തമാകാൻ വേണ്ടി ഹേതും പ്രമേഹ ഇനി പ്രമ സമം ഏത സംവേദം ഏതത് അസംവേദം അത് പറയാൻ പറ്റൂ പ്രമാസമം ഏത് സ്വമേതം ഏത് ദേതം പറ്റൂ പറയാൻ പറ്റൂ എത്ര എത്ര പ്രമാ എന്ന് പറയുന്നു ഇവിടെ എവിടെയെല്ലാം പ്രമയുണ്ടോ അതെല്ലാം ഒന്നു പറയാൻ പറ്റില്ല ഏന്ത് ഏവതത്തിൽ ഉണ്ടെങ്കിൽ ഏതത് അസ്വമേതം എന്ന് പറയാൻ പറ്റൂ സ്വമേതം എന്നല്ലേ പറയാൻ പറ്റൂ ഏ ഉം എന്ന് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല അപ്പൊ എന്ത് വരുന്നു അപ്പൊ എന്തുവരുന്നു അല്ല ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ് എത്ര എത്ര പ്രമാത്ര ഏതത് സമവേതം എന്ന് പറയാൻ പറ്റാ വ്യാപ്തി വരും അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് പറയാൻ പറ്റുന്നില്ല എത്രയെത്ര പ്രമ തത്ര ഏത് അസമവേതം എന്ന് പറയാൻ പറ്റിയാൽ മറ്റൊരു നിയമം കിട്ടും ഇത് പറയാൻ പറ്റാത്തതുണ്ടെന്ന് വരുന്നു പ്രമേയുമായിട്ട് ഇങ്ങനെ ഒരു വ്യാപ്തി ഉണ്ടാക്കാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് സാധന അഭ്യാപകത്വം അതാണ് പറയുന്നത് അതാണ് ഞങ്ങളുടെ ആഗ്രഹം വ്യക്തമായ സാധ്യം പറയുമ്പം ഏത് അസമേതത്വം എന്ന് പറയാം സർവത്രയുണ്ട് അത് അങ്ങനെ പറയാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ് പക്ഷത്തിൽ സാധ്യത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ലാത്ത കൊണ്ടാണ് അപ്പം പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ ദൃഷ്ടാന്തത്തെടുത്ത് ചിന്തിക്കുക ദൃഷ്ടാന്തത്തെടുത്ത് ചിന്തിക്കുമ്പം എന്തുവരുന്നു സാധ്യമവിടെയുണ്ട് ഏത് അസുഖേതുമാണ് ശരിയായി പക്ഷേ ഹേതുവിനെ കുറിച്ച് ചിന്തിക്കുമ്പം അങ്ങനെയല്ല ഹേതു പക്ഷത്തിലുണ്ടെന്ന് ഉറപ്പാണ് അത് സംശയമില്ല ദൃഷ്ടാന്തത്തിനുണ്ടെന്നും ഉറപ്പാണ് അപ്പൊ ആ ഹേതുവിനെ ചിന്തിക്കുമ്പോൾ രണ്ടും ചിന്തിക്കേണ്ടി വരും അപ്പോൾ പക്ഷത്തിലെ ഹേതു പ്രമാ എത്രയെത്ര പ്രമാ ഏത് അസംവേതമൊന്നും പറയാൻ പറ്റില്ല കാരണം പക്ഷത്തിലത് സംവേദമാണ് ആ സമയം എത്രയെത്ര പ്രമാ പക്ഷത്തിലിരിക്കുന്ന ആ പ്രമേ ശരിയാണ് യജ്ഞദത്തലിനത് സംവേദമല്ല പക്ഷെ യജ്ഞദത്തലിനിരിക്കുന്ന പ്രമേയെടുത്താലോ ആകെ കുഴപ്പമായി പ്രമേയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏത് ദസംവേദത്വം എന്ന് പറയുന്നത് തീരുമാനിക്കാൻ പറ്റത്തില്ല വ്യാപ്തി കിട്ടുന്നില്ല എത്ര എത്ര പ്രമ തത്ര എത്ര ഏത് സംവേദമെന്ന് പറയാൻ പറ്റില്ല വ്യത്യാസം വരുന്നുകൊണ്ടാണ് സാധ്യത എടുക്കുമ്പോൾ പക്ഷത്തിൽ സാധ്യത്തിന്റെ നിശ്ചയമില്ലാത്തത് കൊണ്ട് ദൃഷ്ടാന്തത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ സാധ്യവ്യാപകത്വം കിട്ടും ഹേതുവിനെ എടുക്കുമ്പോൾ പക്ഷത്തിൽ ഹേതു ഉറപ്പുള്ളത് കൊണ്ടും ദൃഷ്ടാന്തത്തിൽ ഉറപ്പുള്ളത് കൊണ്ട് രണ്ട് സ്ഥലവും വെച്ച് ചിന്തിക്കണം എത്രയെത്ര പ്രമ ഉപാധി അധികാണ് ഏത് അസംവേദം അത് പറയാൻ പറ്റില്ല എവിടെ എവിടെയെല്ലാം പ്രമയുണ്ടോ അവിടെ എവിടെയെല്ലാം ദേവദത്ത സംവേദമെന്ന് പറയാൻ പറ്റില്ല കാരണം ദേവദത്തു പ്രമയുണ്ട് ആ പ്രമ ദേവദത്ത് അസംവേദം അല്ല ദോഷം മനസ്സിലായോ ദോഷം മനസ്സിലായാല് ദോഷത്തെ നീക്കാൻ പറ്റും ഉപാധി ശരിയായി ലഗ്ഗയ ശരിയേ ഉപാധി ഇവിടെ ഫിറ്റായി ഇത് മനസ്സിലാകി അടുത്തോട്ട് പോകും പറയുന്നത് ഉപാധി ശരിയല്ല എന്നുവെച്ചാൽ ഏതത് അസംവേദത്വത്തും ഏത് ധന്യ സംവേതത്വമാത്ര ഉപാധി ഇവിടെ ഇങ്ങനെ പറയുന്നിടത്ത് ാന്തി എന്ത് ചെയ്യുന്നു ഇവിടെ ആരാണ് ഉപാധി കൊടുത്തത് വളരെ സിമ്പിളായിട്ട് ഉപാധി എടുത്ത് കളയുകയാണ് വളരെ സിമ്പിളായിട്ട് എടുത്ത് കളയുന്നു കറിവേപ്പില എടുത്ത് കളയുമ്പോൾ എടുത്തു കളയാണ് ഇത്രയേ ഉള്ളൂ ഞങ്ങള് ചിന്തിച്ചു കറിവേപ്പില എടുത്ത് കളയുന്നത് കാശ്മീരിക്ക് പിടികിട്ടില്ല എന്താ ഈ പറയുന്നു <laughs> you removed. വെ സിംപ്ലി റിമോഡ് സാധ്യവ്യപ്ത സംവേദ സുഖ ദുഃഖ ഇച്ഛാദ്യത് തിരിക്ത അനാദേവർത്തകത്വേനെ വിദ്യമാനേത്വ ഉപാധി അഭാവാ ദൃഷ്ടാന്തത്തെ നോക്ക് സാധ്യ എവിടെയുണ്ടല്ലോ ദൃഷ്ടാന്തത്തിൽ ഇനി അത് വീണ്ടും പറയേണ്ട കാര്യമില്ല കൂടുതൽ പറഞ്ഞാൽ പറഞ്ഞതും പോകും അപ്പൊ ദൃഷ്ടാന്തത്തിൽ സാധ്യമുണ്ട് പക്ഷെ അവിടെ ഏതത് അസംവേദത്വം ഇല്ല എന്നുവെച്ചാൽ സാധ്യവ്യാപ്തി ഇല്ല അതെങ്ങനെ വരുന്നു ഇപ്പൊ നമുക്ക് ദൃഷ്ടാന്തത്തിൽ സാധ്യമെന്ന് പറയുന്നതിൽ നിവർത്തകം എന്താണെന്ന് പറഞ്ഞിട്ടില്ല ഏതിനാണോ എടുക്കാം നിവർത്തമായിട്ട് ഞാനിപ്പോൾ സുഖത്തെ എടുക്കുന്നു ജ്ഞാനത്തല്ലേ എടുക്കുന്നത് സുഖത്വം അപ്പോ സുഖം എന്തിനാ നിവർത്തിപ്പിക്കും സുഖത്തിന്റെ പ്രാഗഭാവത്തെ അല്ലേ സുഖം എന്ന് പറയുന്ന കാര്യമുണ്ടാകുമ്പോൾ അത് അതിന്റെ പ്രാഗഭാവത്തെ നിവർത്തിപ്പിക്കും അപ്പോ ഇവിടെ നോക്കുക ദേവദത്വ നിഷ്ഠ പ്രമാ അഭാവ അതിരിക്തം എന്തായി സുഖപ്രാഗഭാവം അതനാദിയാണ് അതിന്റെ നിവർത്തകമായി എന്ത് സുഖം അതിവിടെയുണ്ട് എന്താ ദേവദത്തിന്റെ കാര്യത്തിലെല്ലാം സംശയമാണ് യജ്ഞദത്തന്റെ കാര്യത്തിൽ ഉറപ്പുള്ളൂ യജ്ഞദത്തനിൽ ഒരിവിടെ ശ്രദ്ധിക്കുക ദേവദത്തനിഷ്ഠമായ പ്രമയുടെ അഭാവത്തിൽ നിന്നും അതിരിക്തമായ അനാദിയായ ദുഃഖത്തിന്റെ പ്രാഗഭാവത്തിന്റെ നിവർത്തകമായ ദുഃഖം എവിടെയിരിക്കുന്നു യജ്ഞലി അവിടെ വന്നല്ലോ ഇനി ആ ദുഃഖം എന്ന് പറയുന്നത് ഏത് അസംവേദമാണോ എങ്ങനെ സദ്യവ്യാപത്വമൊന്നല്ലോ എന്ത് സദ്യവ്യാപത്വം ഇല്ലെന്നാ ഇവിടെ പറയുന്നു എന്നാലും ഒന്നുകൂടെ നോക്കുക അവിടെ നിങ്ങൾ അത് തന്നെ അവിടെ നിങ്ങൾ പറയുന്നത് എന്താണ് യജ്ഞദത്തന്നെ നോക്കിക്കഴിഞ്ഞപ്പോ ഹെ ഇനി പക്ഷത്തിലേക്ക് നോക്കുക എന്താ പറയുന്നത് ഏതേത പുസ്തകത്തിന് നോക്കുക ഏത് സുഖേതെന്ന് പറയുന്ന എന്താണ് ദേവതത്വനിഷ്ഠമായ ബാക്കിയുള്ള നോക്കണം സുഖദുഃഖ സുഖദുഃഖ ഈഷപ്രയത്നാനാം ഞാനൊരു സുഖമേ പറഞ്ഞതിലൂടെ എന്തൊക്കെയുണ്ട് സുഖം ദുഃഖം ഇച്ഛ ദേഷം ഇവയുടെ എല്ലാം ഏത് നിഷ്ഠപ്രാഗഭാവ എന്നാണ് ഇതേ ദേവതത്തിൽ തന്നെ എന്തുണ്ട് ഏ ഇവയുടെ പ്രാഗഭാവം ഏ ദൈവത്തെ പ്രമേയല്ല ഏതസംവേദം ദൈവത്തെ പ്രമാക്കരുതെന്നാ പോയി സമഭേതമായിരിക്കുന്ന സുഖം ദുഃഖം ഇച്ഛ ദ്വേഷം പ്രയത്നം അതിന്റെ പ്രാഗഭാവം എടുക്കണം ഏതൊന്നിഷ്ടപ്രാഗഭാവത്തെ എടുക്കണം ദേവതത്തിനിരിക്കുന്ന സുഖദുഃഖാദികളുടെ ദേവതത്തിനിരിക്കുന്ന പ്രാഗഭാവം അത് പറയുന്നത് പ്രമാഅഭാവതിരിക്ത പ്രാഗഭാവം എന്നല്ലേ പറഞ്ഞിരിക്കുന്നു നേരത്തെ ആ പറഞ്ഞത് സമന്വയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ആ പ്രാഗഭാവം എന്ന് പറയുന്നത് പ്രമാഭാവത്തിൽ നിന്ന് അതിരിക്തമാണ് അത് അത് വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞു ഇപ്പൊ വ്യക്തമായോ അപ്പോ ഏതേത സുഖ ദുഃഖ ഇച്ഛ പ്രയത്നഷ്ഠനിഷ്ഠമായ പ്രാഗഭാവം എന്ന് പറയുമ്പോ എന്താണ് പ്രമാ അഭാവ അതിരിതമായ പ്രാഗഭാവം ഇപ്പൊ ക്ലിയറായല്ലോ ഇനി ആ പ്രാഗഭാവത്തിന്റെ അത് സാധ്യത പറഞ്ഞിരിക്കുന്ന എന്താണ് ദേവദത്വനിഷ്ഠ പ്രമാഭാവ തിരിക്തമായ എന്ന് പറഞ്ഞു ഇവിടെ പ്രശ്നം വരുന്നത് ഇവിടുത്തെ സാധ്യം എന്ന് പറയുന്നത് അനാദിയായ ഭാവരൂപത്തിലുള്ള അജ്ഞാനമാണ് ഈ കാര്യത്തിലാണ് ഇവിടെ തർക്കമുള്ളത് അല്ലേ എന്നാൽ ദേവതത്തിനെന്ന് പറയുന്ന മനുഷ്യനിൽ സുഖമുണ്ടെന്നുള്ള കാര്യത്തിൽ രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടോ സുഖത്തിന് പ്രാഗഭാവം ഉണ്ടെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ ആ പ്രാഗാവം സുഖം കൊണ്ട് നശിക്കും എന്നുള്ളതിലൊരു വ്യത്യാസമുണ്ടോ ഇല്ലല്ലോ അപ്പോ ഈ കാര്യത്തിൽ തർക്കമില്ല ബാക്കി നിങ്ങൾ വേറെ എങ്ങോട്ടൊക്കെ പോയാലും അവിടെ തർക്കം വരും അപ്പോ ഇനി അവിടെ ഒന്നുകൂടെ നോക്കുക ഏതസുത സുഖ ദുഃഖ ഇച്ഛാദേഷപ്രയത്നാം ഏതാവ അതിരിതമായ അനാദി എന്തായി സുതുക്കീഷ പ്രയത്നങ്ങളുടെ അതിന്റെ നൂവർത്തകം എന്തായി എവിടെയുള്ള സോതുക്കാദികൾ ആയല്ലോ ഇനി ആ സോതുക്കാദികൾ ഏത് സംവേദമാണോ അസംവേദമാണോ അപ്പൊ പിന്നെ സദ്യവ്യാപ്തി എങ്ങനെ വരും സദ്യവ്യാപ്തി വരണമെങ്കിൽ എന്ത് വേണം എത്രയെത്ര സാധ്യം അത്ര എത്ര ഏതദ് അസമേതത്വം ഇവിടെ സാധ്യമിവിടെയുണ്ട് പക്ഷെ ഇവിടെ എന്തു വന്നു ഏതത് അസമേതത്വം വന്നു അസാധ്യവ്യാപ്തിയില്ല പൂവാതി പോയില്ലേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ സമയമില്ലാത്തോണ്ട് ഞാൻ കാര്യം നേരിട്ടങ്ങ് പറഞ്ഞതാണ് ഇന്ന് നിങ്ങൾ ചിന്തിക്കണം ഇത് പക്ഷത്തിൽ എങ്ങനെ വരുന്നു പക്ഷത്തെ എന്തുകൊണ്ടെടുത്തു ദിഷ്ടാന്തത്തെ എന്തുകൊണ്ടെടുത്തില്ല ദൃഷ്ടാന്തത്തെ എങ്ങനെ വരുന്നു അതൊക്കെ പിന്നെ ചിന്തിക്കുന്നു അപ്പൊ ഇത് സമന്വയിപ്പിക്കുന്ന എങ്ങനെയാണ് അഭാവ അതിരിക്തമായ അനാദിയായി ദേവതത്തിൽ ഇരിക്കുന്ന പ്രാഗഭാവം അതിന്റെ നിവർത്തകമായി ദേവതത്തിൽ ഇരിക്കുന്ന സുഖം അതുകൊണ്ടിവിടെ എന്തായി ഏത അസമേതത്വമല്ല വന്നത് സ്വമേതത്വം വന്നു അപ്പോ എത്രയെത്ര സാധ്യം തത്രയത്ര ഉപാധി വന്നില്ല അസാധ്യവ്യാപകത്വം വന്നില്ല സാധ്യവ്യാപകത്വം വന്നു ഉപാധി ഈസിയായിട്ട് കളഞ്ഞോ കറിവിയപ്പിലെ പോലെ പോയോ അതാണ് പറഞ്ഞത് അതാണ് ഇവിടെ പറയുന്നത് എന്താണ് ഏത് സ്വമേതാദ് പ്രയത്നാനാം ഏതൊന്നിഷ്ട പ്രമാഭാവതിരിക്ത അനാദേഹേ സ്വപ്രാഗാവസ്ഥ സ്വശബ്ദം കൊണ്ടേനെടുക്കും സ്വശബ്ദം കൊണ്ടേനെടുക്കും സ്വതുക്കാദികൾ സ്വപ്രഭാഗാവസ്ഥ നിവർത്തകത്വന നിവർത്തകത്വം എവിടെ വരും സ്വതുക്കാദികൾ സാധ്യവിദ്യമാനേവി പറയുന്നു സാധ്യമുണ്ടെങ്കിലും ഉപാധി ഇല്ല തീർന്നില്ല സമയം ഇവിടെ കൊണ്ട് നമുക്ക് നിർത്തേണ്ടി വരുന്നു നിങ്ങൾ ചിന്തിച്ച് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കാം